തപ്പ് സ്വാധ്യവചന ധ്യവച സുപചാരാധീതര <manshancha> തപോ നിിട്ടി സ്വാധ്യവചനേ നാഗോ ബോധല്യത വിজ্ঞാന ദേവോ അപിനദി സൗരാജിമി തിത്വത്വാ ശ്രോദസ്മർത നാം കർമ്മണം ആനർഥക്കും പ്രാപ്തമി ഇത്തി അഥ തന്മ പ്രാവദിദി കർമ്മണം പുരഷാർഥം പ്രതി സാധനത് പ്രദർശനാർഥം യോഗപന്യാസഹ ഇവര പറഞ്ഞു വന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്നു സ്വരാജ്യം ഇതുവരെ പറഞ്ഞു വിജ്ഞാനാദ വിജ്ഞാനം വെച്ചാൽ ഇവിടെ ഉപാസനം ഉപാസനയുടെ പ്രകടനമാണ് ഇതുവരെ പറഞ്ഞ് ഉപാസന അതുകൊണ്ട് തന്നെ സ്വരാജ്യം ആപ്നോത്തി സ്വരാജ്യത്തെ പ്രാപിക്കാം ഉപാസന കൊണ്ട് സാധ്യമാകുന്നത് പരമാവധി ഹിരണ്യഗർഭപ്രാപ്തി വരും ക്രമമുക്തി അതാണ് ചർച്ച ചെയ്തത് നീതിയുക്ത അതാണ് ഇവിടെ തൊട്ട് മുമ്പ് ചർച്ച ചെയ്തത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രൗതസ്മാർത്ഥം കർമ്മണം അനർത്ഥക് പ്രാപ്തം ശ്രൗതവും സ്മാർത്ഥവുമായ കർമ്മങ്ങളെല്ലാം വ്യർത്ഥമാക്കും ഇത്യഥ തന്മാപ്രാപ്ത അങ്ങനെ വരാൻ പാടില്ല ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങൾ വ്യർത്ഥമായാൽ ആ കർമ്മങ്ങളെ വിധിച്ചു കഴിഞ്ഞ വേദം അപ്രമാണമാണെന്ന് പറയും വേദം അപ്രമാണമൊന്നുമെന്ന് കഴിഞ്ഞാൽ അതേ വേദത്തിൽ പ്രതിപാദിക്കുന്ന ഈ തത്വം പരമാത്മതത്വം അതിനും വേദം പ്രമാണമല്ലെന്നും പറയും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശ്രവണമനാദി സാധനങ്ങൾ മോക്ഷം തുടങ്ങിയ കാര്യങ്ങളൊന്നും എല്ലാം പ്രമാണമാണെന്ന് വരും ഇപ്പം വേദത്തെ ഒരു ഭാഗത്തെ പ്രമാണമായി സ്വീകരിക്കുക വേറൊരു ഭാഗത്തെ സ്വീകരിക്കാതിരിക്കുക അത് പാടില്ല വേദം വേഗമാണ് അത് പൂർണവും പ്രമാണമാണ് അതിലൊരു മാത്രയ്ക്കോ അക്ഷരത്തിനോ ഒന്നും അപ്രാമാണികത കൽപ്പിക്കാൻ പാടില്ല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഉപനിഷത്തും പ്രമാണമല്ലാതെ പോരും പറയുന്നതെല്ലാം അനർത്ഥമാണെന്ന് അതുകൊണ്ട് കർമ്മണം അനർഥക്കും പ്രാപ്തം ഇതുവരെ പറഞ്ഞ അനുസരിച്ച് ഇതെല്ലാം കേട്ടുകഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് ഉപാസനം മതി കർമ്മങ്ങൾക്കൊന്നും നമ്മുടെ പ്രസക്തി ഇല്ലാതൊന്നും ആവശ്യമില്ലാത്തതാണോ അത് വലിയ ദോഷമാണോ തന്മാ അങ്ങനെ വരാൻ വേദം പ്രമാണം തന്നെ വേദത്തിൽ ഒരക്ഷരമാ പ്രമാണമൊന്നും തള്ളിക്കളയാൻ പാടില്ല ആ വേദം തന്നെയാണ് കർമ്മത്തെ വിധിച്ചിരിക്കുന്നത് കർമ്മണം പുരുഷാർത്ഥം പ്രതി സാധനത്വ പ്രദർശനാർത്ഥം ഇത്രയൊക്കെ പറഞ്ഞതിനു ശേഷം ഉപാസനങ്ങളെ കുറിച്ച് പറഞ്ഞതിനു ശേഷം ഇവിടെ പറയുന്ന എന്താണ് കർമ്മങ്ങളും പുരുഷാർത്ഥം പ്രതി സാധനത്വം കർമ്മവും പുരുഷാർത്ഥത്തിനും സാധനമാണ് ഇത് പ്രദർശനാർത്ഥം യഹോ വിന്യാസം അതുകൊണ്ട് കർമ്മങ്ങളെ പുരുഷാർത്ഥ സാധനം എന്നുള്ള നിലയ്ക്ക് ഉപയോഗിക്കും വേദത്തിൽ വിധിച്ചിരിക്കുന്നു അതും പുരുഷാർത്ഥം നൽകുന്നു പുരുഷാർത്ഥ സാധനമാകുന്നെങ്ങനെ അത് നിഷ്കാമമായി അനുഷ്ഠിക്കുന്നു അതുകൊണ്ട് കർമ്മത്തിന്റെ ആ പ്രാധാന്യത്തെ കർമ്മത്തെയും മോക്ഷത്തിനു വേണ്ടി ഉപയോഗിക്കാം അത് പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും കാരണം ഇതിനു മുമ്പ് ഏതത്തിൽ കർമ്മങ്ങളെ കുറിച്ചെല്ലാം വിശദീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ആ കർമ്മത്തെ കുറിച്ച് അതിന്റെ മഹത്വത്തെ കുറിച്ച് പറയും യഹോപന്യാസ വീണ്ടും ഇവിടെ അതിനെ കുറിച്ച് പറയും അങ്ങനെ സ്വാധ്യായ പ്രവചനേചോ മന്ത്രത്തിനും സ്വാധ്യായ പ്രവചനേ ച എന്ന് ആവർത്തിക്കുന്നുണ്ട് കാരണം ഇതിലെല്ലാത്തിലും പ്രാധാന്യം സ്വാധ്യായ പ്രവചനത്തിനാണ് സ്വാധ്യായ പ്രവചനത്തെ ആശ്രയിച്ച് മാത്രമാണ് ഇതെല്ലാം നിൽക്കുന്നത് ഘൃതം സത്യം തപ ഇതെല്ലാം സ്വാധ്യായ പ്രവചനങ്ങളില്ലെങ്കിൽ ഇതൊന്നും നിലനിൽക്കത്തില്ല ലൗകികമില്ല ഭൗതികമില്ല ഇവിടെ പറയുന്നത് മനുഷ്യകാരൻ പറയുന്നു ഗുരുകുലത്തിൽ പഴയ രീതി വൈദിക സംസ്കാരമനുസരിച്ച് ഒരാൾ ഗുരുകുലത്തിൽ കുട്ടിക്കാലത്തേക്കും മാതാപിതാക്കൾ ഗുരുകുലത്തിലെത്തിക്കുന്ന കുട്ടികളെ അവിടെ ആചാര്യം ഉപനയനം ചെയ്യിക്കുന്നു വേദം പഠിപ്പിക്കുന്നു ധർമ്മമീമാംസ എന്താണ് ധർമ്മം എന്നുള്ളത് മനസ്സിലാക്കുന്നു അത് അധ്യയന അധ്യാപനത്തിലൂടെ ഇതെല്ലാം നിലനിർത്തുന്നു വേദസമ്പ്രദായത്തെ നിലനിർത്തണം അതിനുവേണ്ടി അധ്യയനം പൂർത്തിയാകുമ്പോൾ സമാവർത്തനം കഴിയുമ്പോൾ അവസാനമായി ആചാര്യന് ഉപദേശിക്കുന്ന കാര്യങ്ങളാണ് ഭൂരിപക്ഷം പേരും ഗുരുകുലം തിരുന്ന് വിട്ട് തിരിച്ചുവീടുകളിലേക്ക് മടങ്ങിപ്പോകും വൈദികധർമ്മം അനുസരിച്ചവർ ജീവിക്കും വൈദ്യ കർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ഗ്രഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ച് ജീവിക്കും വീട്ടിൽ മടങ്ങി പോകാൻ താല്പര്യമില്ലാത്തവർ ഗുരുകുലത്തിൽ തന്നെ തുടരും അതിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശമാണ് ഗുരുകുലത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഉപദേശം കൂടെ പറയുന്നു വ്യാഖ്യാതം സ്വാധ്യായ പ്രവചനിച്ച മടങ്ങിപ്പോയിക്കഴിഞ്ഞാൽ വൃത്തം അതിനെ പാലിക്കണം ുമ്പ് വ്യാഖ്യാനിച്ചു എന്താണ് ഘടം ശാസ്ത്രത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനം യഥാർത്ഥ ജ്ഞാനം യഥാർത്ഥ കർമ്മം അതാണ് ഘതം എന്നുമ്പ് വ്യാഖ്യാനിച്ചു അതെന്നും നിലനിർത്തണം നിങ്ങളുടെ ജ്ഞാനം എന്നും സത്യമായിരിക്കണം നിങ്ങളുടെ കർമ്മങ്ങൾ പരമാർത്ഥമായിരിക്കണം വിടെ വൈദികമായ ധർമ്മങ്ങളനുഷ്ഠിച്ച് ജീവിക്കണം വൈദികമായ ജ്ഞാനം അത് നിലനിർത്തണം അത് സമ്പാദിക്കണം നിലനിർത്തണം അവൈദികമായി പോകരുത് സ്വാധ്യായ പ്രവചന അത് പറയുന്നു സ്വാധ്യായവും പ്രവചനവും സ്വാധ്യായോ അധ്യയനോ ഗുരു ചൊല്ലിക്കൊടുക്കുന്നു ശിഷ്യനത് ഏറ്റു ചൊല്ലും അതിന്റെ ആവർത്തനം കൊണ്ട് അത് ശിഷ്യന്റെ നാവിലും മനസ്സിനും ഉറയ്ക്കുന്നു അത് വീണ്ടും ആവർത്തിക്കുന്നതാണ് ഗുരുവിന്റെ സഹായം കൂടാതെ അത് എഴുതി വയ്ക്കുക വായിക്കുക അതൊന്നും ഗുരുവിന്റെ സഹായം കൂടാതെ തന്നെ വീട്ടിൽ പോയി അത് ആവർത്തിക്കുക അതാണ് സ്വാധ്യായോ അതാണ് സ്വാധ്യായോ വേദം ചൊല്ലുക സ്വയം വേദം ചൊല്ലുക അത് സ്വാധ്യായം പ്രവചനം അധ്യാപനം ബ്രഹ്മയ ബ്രഹ്മയജ്ഞ ആ വേദ സംരക്ഷണത്തിന് വേണ്ടി അതിനെ മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുക്കുക അതാണ് പ്രവചനം എന്ന് പറയുന്നത് സ്വാധ്യായം എന്താ നൽകണമെങ്കിൽ പ്രവചനം വേണം അല്ലെങ്കിൽ സ്വാധ്യായം നിലനിൽക്കത്തില്ല വിസ്മരിച്ചു സ്വാധ്യായം ഇല്ലാത്തവന് പ്രവചന സാധ്യമുണ്ട് നിരന്തരം അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് ശിഷ്യന്മാർക്ക് ചൊല്ലിക്കൊടുക്കാനും കഴിയും നിരന്തരം വേദസ്മരണം നിലനിൽക്കും വേദാർത്ഥസ്മരണ നിരന്തരം നിലനിൽക്കും വേദത്തിലെ കർമ്മപ്രയോഗങ്ങൾ അത് നിരന്തരം നിലനിൽക്കും അതിന് രണ്ടും ആവശ്യമാണ് സ്വാധ്യായവും പ്രവചനവും അധ്യയനവും അധ്യാപനവും ഇത് എപ്പോഴും ഉണ്ടായിരിക്കണം ഏതാനി ഋതാദീനി അനുഷ്ഠേയാനി വാക്യശേഷ പ്രവചനേച്ച അവിടെ ചേർത്ത് പോകണം അനുഷ്ഠേയാനി ഇത് നീ ചെയ്യണം നിരന്തരം ഇത് അനുഷ്ഠിക്കണം സത്യം സത്യവചനം യഥാഖ്യാതാർത്ഥം സത്യം അതിന്റെ സരളമായ അർത്ഥം സത്യം പറയുക വൈദിക ജീവിതം നിഷ്ഠയ്ക്ക് അത് ആവശ്യമാണ് ധർമ്മനിഷ്ഠയ്ക്ക് ആവശ്യമാണ് കർമ്മങ്ങൾ ഫലത്ത് നൽകണമെങ്കിൽ അത് ആവശ്യമാണ് അതുകൊണ്ടാ സത്യം യഥാ വ്യാഖ്യാത അർത്ഥം അതെപ്പോഴും ഉണ്ടായിരിക്കണം വേദത്തിൽ നിന്ന് ഗ്രഹിക്കുന്നത് സത്യമാണ് ആ രീതിയിൽ അതെടുക്കാം വ്യാഖ്യാതമായ അർത്ഥം എന്നുള്ള നിലയ്ക്ക് അതെടുക്കാം അല്ലെങ്കിൽ സാധാരണ സത്യം എന്നുള്ള നിലയ്ക്ക് വേദത്തിൽ നിന്ന് ഗ്രഹിക്കുന്നതല്ല സത്യം അത് നിലനിൽക്കണം വേദത്തിൽ നിന്ന് സത്യം തന്നെ ഗ്രഹിക്കണം തപ കൃ്രാദി അതും വേണം ഗ്രഹസ്ഥ ധർമ്മത്തെയാണ് സ്വീകരിക്കുന്നതെങ്കിലും വേണം കൃഛ്ര ചന്ദ്രായണം തുടങ്ങിയ വൃത്തങ്ങൾ ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള തപസ് അതും വേണം അതും പാലിക്കണം ദമഹ ബാഹ്യകർണ ഉപശമ ബാഹ്യകർണങ്ങളുടെ നിയന്ത്രണം അത് ആവശ്യമാണ് സദാചാരം അതിനുവേണ്ടി ബാഹ്യകർണങ്ങളുടെ നിയന്ത്രണം അല്ലെങ്കിൽ സദാചാരം നിഷ്ഠനാകാൻ കഴിയത്തില്ല സദാചാരം നിഷ്ഠനായിരുന്നെങ്കിൽ വൈദിക കർമ്മങ്ങൾക്ക് ഫലമുണ്ടാകത്തില്ല ആചാരത്തെ അനുഷ്ഠിക്കുന്നവനെ കർമ്മത്തിന് ഫലമുണ്ടാവും അതുകൊണ്ട് അത് വേണം ശമ എന്തൊക്കെയാണ് ഉപശമ മനസ്സിന്റെ നിയന്ത്രണം വേണം അഗ്നയ ആധാതവ്യ അഗ്നയിച്ച് സ്വാധ്യായ പ്രവചന അഗ്നി ആധ്വാനം ചെയ്യണം സ്വന്തം ഗ്രഹത്തിൽ വേദവിധിപ്രകാരം വേദി സ്ഥാപിച്ച് അതിൽ അഗ്നിയെ സ്ഥാപിച്ച് ഗ്രഹസ്ഥന്റെ ധർമ്മം എന്നുള്ള നിലയ്ക്ക് അഗ്നിഹോത്രാദികർമ്മങ്ങൾ ചെയ്യണം അതിനു വേണ്ടിയിട്ടാണ് അഗ്നി സ്ഥാപിക്കുന്നത് അഗ്നി ആധാതവ്യ അത് ചെയ്യണം അഗ്നി ആധാനം ചെയ്യണം അഗ്നിഹോത്രം ഹോതവ്യം അഗ്നിഹോത്രം നിത്യ അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ അത് നിരന്തരം ചെയ്യണം അതിഥേയസ്റ്റ പൂജ്യ അതിഥികൾ അവരെ പൂജിക്കണം അത് സ്വധർമ്മമാണോ അപ്പം നമുക്ക് സാധാരണ അറിയാവുന്ന കാര്യങ്ങളാണ് മനുഷ്യന്റെ സ്വാധ്യായ പ്രവചനിച്ച മനുഷ്യമിതി ലൗകിക സംവ്യവഹാരം വൈദികമായ കർമ്മങ്ങൾ മാത്രം പോരാ വൈദികമായ കർമ്മങ്ങൾ പ്രത്യേകിച്ച് ഫലത്ത് ഉദ്ദേശിച്ച് ചെയ്യുന്നതാണ് ലൗകികമായ വ്യവഹാരങ്ങളും നല്ല രീതിയിൽ ചെയ്യണം യഥാപ്രാപ്തം അനുഷ്ഠേയം അതെങ്ങനെയാണോ പ്രാപ്തമാകുന്നത് എന്നുവെച്ചാൽ ലൗകികമായ വ്യവഹാരങ്ങളെ സംബന്ധിച്ച് വിധിക്കാൻ പറ്റത്തില്ല ആണ് പറയുന്നത് അലൗകികമായ വൈദികമായ വ്യവഹാരങ്ങളാണെങ്കിൽ വിധിക്കാം ഇന്നത് ചെയ്യണം കർമ്മങ്ങളുടെ രീതി ഇങ്ങനെയാണ് അതനുഷ്ഠിച്ച് ചെയ്യണം അതിൽ എന്തെങ്കിലും മാറ്റം ഫലം ഉണ്ടാകാതെ പോകും കർമ്മങ്ങളിൽ നിന്ന് അപൂർവം ഉണ്ടാകുന്നതിനും കർമ്മങ്ങളുടെ നിയമങ്ങളെ പാലിക്കും ലൗകിക വ്യവഹാരം അങ്ങനെയല്ല അത് കാലദേശങ്ങൾക്കനുസരിച്ച് യുക്തിക്കനുസരിച്ച് ധർമ്മബോധത്തോടു കൂടി ശിഷ്ടന്മാരുടെ ആചാരമനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനെ യഥാപ്രാപ്ത മനുഷ്ഠയും വേദവിധിക്കനുസരിച്ച് ചെയ്യുന്നതല്ല അതുകൊണ്ടാ ലൗകികമായ വ്യവഹാരങ്ങളും അനുഷ്ഠിക്കണം പ്രജാ ഉത്പാദ്യ ഗൃഹസ്ഥാശ്രമധർമ്മ സ്വീകരിക്കണം സന്താനങ്ങളുണ്ടാകണം പ്രജനശ്ച പ്രജനനം വീർത്തവും ഭാര്യാഗമനവും ഗ്രഹസ്ഥന്റെ ധർമ്മമനുസരിച്ച് സന്താനോത്പാദനം അത് ചെയ്യണം കാരണം പത്നി സമേതനായിട്ടാണ് വൈദിക കർമ്മങ്ങൾ ചെയ്യേണ്ടത് കർമ്മത്തിന്റെ പൂർത്തീകരണത്തിന് പുത്രൻ വേണം താൻ പൂർത്തിയാക്കാതെ പോകുന്ന കർമ്മങ്ങൾ തന്റെ പുത്ര പൂർത്തിയാകണം അതുകൊണ്ട് സന്താനം ആവശ്യമാണ് അത് വേണം പ്രജാതിഹി പൗത്രോത്പത്തി പുത്രോ നിത്രനും പുത്രന്റെ പുത്രനും തന്റെ ഭാവി തലമുറയെ കുറിച്ചുകൂടി ചിന്തിക്കണം അവിടെ എല്ലാം ക്ഷേമത്തിന് വേണ്ടിയുള്ളത് ചെയ്യണം അപ്പോ പുത്രനെ സൃഷ്ടിച്ചപ്പോ പുത്രന്റെ ഭാവി കാരണം വിദ്യാ പാരമ്പര്യം കർമ്മ പാരമ്പര്യം എല്ലാം നിലനിൽക്കുന്നതിനും ഇതൊക്കെ ആവശ്യമാണ് ധർമ്മം നിലനിൽക്കുന്നതിനും ഒരു പാരമ്പര്യം അതാവശ്യമാണ് അതുകൊണ്ട് അതെല്ലാം വലിക്കണം എന്നു പ്രചാദിച്ച സ്വാധ്യായ പ്രവചനിച്ചേതീസ്വാധ്യായ പ്രവചന യജ്ഞത്തോ അനുഷ്ഠേമർ സർവേണ സഹ സ്വാധ്യായ പ്രവചനഗ്രഹം ഓരോന്നിനോടും ചേർത്ത് സ്വാധ്യായ പ്രവചനെ എന്ന് എന്തുകൊണ്ട് പറഞ്ഞു ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കേണ്ടതാണ് പക്ഷെ അത് സ്വാധ്യായ പ്രവചനെ യത്ന സ്വാധ്യായ പ്രവചനങ്ങൾ യത്നപൂർവം അനുഷ്ഠിക്കണം എന്നുവെച്ചാൽ നിയമപൂർവ്വം നിഷ്ഠയോടുകൂടി അനുഷ്ഠിക്കണമെന്നത് ലൗകികവും വൈദികവുമായ വ്യവഹാരങ്ങൾ യാഥാതി കർമ്മങ്ങൾ ലോകത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ഇതെല്ലാം വരുമ്പോൾ സ്വാധ്യായ പ്രവചനങ്ങൾക്ക് സമയമില്ലാതെ വരരുത് ഇനി സമയം കിട്ടുന്നില്ല സ്വാധ്യായത്തിനും പ്രവചനത്തിനും അത് വരരുത് കാരണം ഇതിനെ ആശ്രയിച്ചിട്ടാണ് ബാക്കിയുള്ള എല്ലാ യത്നങ്ങളും ഇങ്ങനെ നിൽക്കുന്നത് സ്വാധ്യായവും പ്രവചനവും നശിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സത്യമില്ല തപസ്സില്ല അതിനെക്കുറിച്ചുള്ള അറിവില്ല ഇതിനെ ആശ്രയിച്ചാൽ അതെന്നാണ് നിൽക്കുന്നത് ധർമ്മമില്ല ധർമ്മമേ അതുകൊണ്ട് അത് മാറ്റിവെക്കരുത് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് സ്വാധ്യായ പ്രവചനം ചെയ്യാൻ സമയമില്ല എന്നൊക്കരുതരുത് നിരന്തരം ചെയ്യണം യജ്ഞ പരിശ്രമിച്ചത് ചെയ്യണം അതിൻ്റെ പ്രാധാന്യം അതിനാശ്രയിച്ച് മറ്റ് സർവവും നിലനിൽക്കുന്നു ധർമ്മം അതിനാശ്രയിച്ച് നിൽക്കുന്നു അതുകൊണ്ട് ഭാഷകാലം പറയുന്നു ഓരോ തവണയും അത് മറ്റൊന്നിനു വേണ്ടിയും അതിനെ മാറ്റെക്കരുത് എന്നും നമ്മളുടെ നിത്യാനുഷ്ഠാനങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മറ്റെന്തെങ്കിലും ആവശ്യം വന്നത് മാറ്റി വയ്ക്കും വേണ്ടെന്ന് വയ്ക്കും അത് എപ്പോഴും മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ് വളരെ തിരക്ക് വരുമ്പോൾ നിഷ്ഠയോട് പിടിച്ചേണ്ട കാര്യങ്ങൾ മാറ്റിവെക്കും പറയുന്നത് മാറ്റാൻ പാടില്ല അതിനാണ് യത്നം വേണ്ടത് സ്വാധ്യായ അധീനം ഹി അർത്ഥജ്ഞാനം അത് പറയുന്നു സ്വാധ്യായത്തിന് അധീനമാണ് അർത്ഥജ്ഞാനം ഈ വേദത്തിൻ്റെ ഈ മന്ത്രങ്ങൾ അത് ധരിക്കുമ്പോഴാണ് അതിന് അർത്ഥത്തെക്കുറിച്ച് ബോധമുണ്ടാകും കർമ്മമായാലും ശരി ജ്ഞാനമായാലും ശരി ആത്മാവിനെ കുറിച്ച് പറഞ്ഞാലും ഹോമത്തെക്കുറിച്ച് പറഞ്ഞാലും എന്തായാലും സ്വാധ്യായം കൊണ്ട് ആ അർത്ഥ ജ്ഞാനം ഉണ്ടാവും അത് ഉപേക്ഷിക്കാൻ പാടില്ല അർത്ഥജ്ഞാനം വേണം അർത്ഥം അർത്ഥജ്ഞാനം അർത്ഥജ്ഞാനത്തിന് അതീതമാണ് അർത്ഥജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ പരവുമായ ശ്രേയസ് എങ്ങനെ ഉണ്ടാകും എന്നുള്ള വാക്യത്തിന്റെ അർത്ഥജ്ഞാനം ഉണ്ടായില്ലെങ്കിൽ എങ്ങനെ സംസാരമോചന സാധ്യമാകും അതുകൊണ്ട് സ്വാധ്യായം അർത്ഥജ്ഞാനത്തിന് വേണം പ്രവചനം ച തത് അവിസ്മരണാർത്ഥം ധർമ്മപ്രവൃത്തി അർത്ഥം പ്രവചനം വാസ്തവത്തിൽ പ്രവചനം അധ്യാപനം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല അവനവന് വേണ്ടി തന്നെയാണ് എന്തുകൊണ്ട് തത് അവിസ്മരണാർത്ഥം അധ്യാപനം ചെയ്യുമ്പോഴാണ് ഇത് ദൃഢമാകുന്നത് അധ്യയനത്തിലല്ല പഠിക്കുമ്പോൾ പാസ് ഔതിൽ പഠിപ്പിക്കുന്ന ആളിനെ പഠിപ്പിക്കുക പിന്നെ പഠിക്കുന്നപ്പോ ആരെങ്കിലും പഠിപ്പിക്കുമ്പോ അതുവരെ പഠിക്കുന്നുണ്ട് അതിവിടെ ഭാഷകാരം വ്യക്തമായി പറയുന്നു പ്രവചനം അധ്യാപനത്തിലൂടെയാണിത് മനസ്സിൽ നടക്കുന്നത് അധ്യാപനത്തിലെ ബുദ്ധി ഏകാഗ്രമാകും ബുദ്ധിക്ക് പറയുന്ന വിഷയത്തെ ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയും അദ്ധ്യാപനത്തിൽ എൻ്റെ മനസ്സിനൊരു ഉണർവ് വരും താൻ പറയുന്നതിൽ എന്തെങ്കിലും പോരായ്മ വരുമോ തെറ്റ് വരുമോ ശ്രദ്ധ കൂടും ഇപ്പോൾ അത് ശരിയായ രീതി പറയുന്നതിനുള്ള ഉണർവ് സദാ കൂടി നിലനിൽക്കും പഠിക്കുമ്പോഴാണെങ്കിലോ നമുക്കവിടെ ഉത്തരവാദിത്വമില്ല അവിടെ കടമയില്ല കർത്തവ്യമില്ല ഉറങ്ങാം മറ്റാരും അറിയത്തില്ല അധ്യാപകന് ഉറങ്ങാൻ പറ്റത്തില്ല മറ്റുള്ളവരറിയും അധ്യേതാവിന് അങ്ങനെയല്ല ഉറങ്ങാം സ്വയം ഒരു ഉത്തരവാദിത്വമില്ലാത്ത കാര്യമാണ് പഠിക്കുക എന്ന് പറയുന്നത് ഒരാണ്ടു മുമ്പിൽ കുറച്ച് സമയം ഇരുന്നു കൊടുക്കുക വേറെ അവിടെ ആവശ്യമില്ല മറ്റെന്തെങ്കിലും ചിന്തിക്കാം അധ്യാപനത്തിൽ അത് പറ്റത്തില്ല ഇതൊന്നും പറ്റത്തില്ല മറ്റെന്തെങ്കിലും ചിന്തിച്ചു കൊണ്ട് ഉറങ്ങി പറ്റത്തില്ല ശീലം കൊണ്ട് ഉറങ്ങുന്നവരുമുണ്ട് അധ്യാപനത്തിന് അതും കണ്ടിട്ടുണ്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞൊരു ശീലമായി കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം നഷ്ടപ്പെട്ടിട്ട് ഉറങ്ങിപ്പോകും ഇവിടെ അതല്ല പല തത് അധ്യയനത്തിൽ എന്താണോ താൻ സാമാന്യമായി ഗ്രഹിച്ചത് അത് അധ്യാപനത്തിലൂടെ ഉറപ്പിക്കും അതുകൊണ്ട് അധ്യാപനം കൂടുതലും പ്രയോജനം ചെയ്യുന്നത് അധ്യാപകനാണ് വിദ്യാർത്ഥികൾക്കല്ല അതുകൊണ്ട് ശരിക്കും വിദ്യാർത്ഥികൾ അധ്യാപകനെ അല്ല വണങ്ങേണ്ടത് അധ്യാപകൻ വിദ്യാർത്ഥികളെ വണങ്ങേണ്ടത് കാരണം ഈ വിദ്യാർത്ഥികളെ കിട്ടിയത് ഇവന് ബോധമുണ്ടായത് വിവരം ഉണ്ടായത് ഇല്ലെങ്കിൽ ഇവനുറങ്ങി ഉറങ്ങി ജീവിതം കഴിക്കണം അതുകൊണ്ട് പലരും പറയും എന്താണോ ഇതൊന്നും പറയുന്നതിന് നമ്മൾ ആളല്ല ഇതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല ഇതെല്ലാം അറിഞ്ഞതിന് ശേഷമേ പ്രസംഗിക്കാവൂ പറവു എന്ന് പറയാം അത് വലിയ അബദ്ധമാണ് ഇത് പറയാതെ ഇതൊരിക്കലും ഇത് അറിയാൻ പറ്റത്തില്ല പഴയ നമ്മളെ വിദ്യാഭ്യാസ സമ്പ്രദായവും അങ്ങനെയായിരുന്നു മാണവക പാഠന ക്രമം എന്ന് പറയുന്നു അധ്യാപകൻ ഒരു കാര്യം പറഞ്ഞുകൊടുത്താൽ പ്രഥമ ഗ്രഹണം ആദ്യം അത് ഗ്രഹിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജോലി എന്ന് പറയുന്നത് പിന്നെ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുകയാണ് എല്ലാം പഠിച്ചിട്ടില്ല പഠിപ്പിക്കുന്നത് എല്ലാം പഠിച്ചിട്ട് പഠിപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കത്തില്ല ഒരിക്കലും പഠിക്കാൻ കത്തില്ല കാരണം ഒരു വിദ്യാർത്ഥിയായിരുന്നെല്ലാം പഠിക്കാൻ പറ്റത്തില്ല എല്ലാം പഠിക്കണമെങ്കിൽ അധ്യാപകനായാലേ പറ്റൂ പഠിപ്പിക്കുന്നവനായാലേ പറ്റൂ എല്ലാം പഠിക്കാൻ പറ്റൂ ഇപ്പോഴേ അവന്റെ ബുദ്ധി പ്രവർത്തിക്കത്തുള്ളൂ അതുകൊണ്ട് പഠിച്ചു തുടങ്ങുമ്പം തന്നെ പഠിപ്പിക്കുക വടക്കേന്ത്യയിലൊക്കെ ഗുരുകുരങ്ങളിൽ ഇപ്പോഴും അത് തന്ന രീതി അത് പഠിപ്പിക്കുന്ന അധ്യാപകന്റെ ഒരു ക്ഷീണമൊന്നുമില്ല ഇവനും ആചാര്യനായി പോയി കഴിഞ്ഞാൽ തന്റെ സ്ഥാനത്തിന് എന്തെങ്കിലും കുറവ് വരുമോ അങ്ങനെയൊന്നും അവിടെ ചിന്തിക്കത്തില്ല ഇന്ന് പഠിപ്പിച്ചാൽ വിദ്യാര്ത്ഥിയോട് ആവശ്യപ്പെടും നാളെ ഇത് പഠിപ്പിക്കുക എത്ര മനസ്സിലാക്കിയോ അങ്ങനെ അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പത്ത് തവണ പഠിപ്പിക്കുമ്പോൾ പഠിച്ചോളൂ അതാണ് പഠിപ്പിക്ക പഠിപ്പിക്കുക എന്നുള്ളതാണ് പഠിക്കുന്നതിനുള്ള ഏറ്റവും നല്ല വഴിയല്ല പഠിക്കുക എന്നുള്ളതല്ല നിങ്ങൾ ജീവിതകാലം മുഴുവൻ പഠിച്ചാലും ശേഷി പഠിപ്പിക്കാതെ ഒരിക്കലും പഠിക്കത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് പ്രവചനം തത് അവിസ്മരണാർത്ഥം അതുകൊണ്ട് ഒരിക്കലും പലരും പലരും കണ്ടിട്ട് വർഷങ്ങളോളം ഇതൊക്കെ കേട്ടിരുന്നാലും ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞാൽ നാണം വരും ഞാനെങ്ങനെ ഇതൊക്കെ പറയും എനിക്കിതിനുള്ള വിവരമുണ്ടോ അറിവുണ്ടോ അത് വലിയ അബദ്ധമാണ് ഒരിക്കലും അറിവുണ്ടാകത്തില്ല കാരണം നമുക്ക് എന്ത് അറിവില്ലായ്മയും പറയാം ധൈര്യമായിട്ട് കാരണം അറിവില്ലാത്തവനാണ് മുമ്പേ ഇരിക്കുന്നത് അവനോട് എന്താ പറയാൻ വയ്യാത്തത് അറിവുള്ളവനാണെങ്കിൽ കേൾക്കാൻ വന്നിരിക്കും വന്നിരിക്കത്തില്ലല്ലോ അറിവില്ലാത്തവനാണ് അപ്പൊ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അറിവ് തനിയേ വരും പിന്നെ കേൾക്കുന്നവനോ അവനും ഇതുപോലെ പറഞ്ഞറിവുണ്ടായിക്കോട്ടെ അതാണ് ഈ അധ്യാപന അധ്യയന രീതി എന്ന് പറയുന്നത് അല്ലാതെ എല്ലാം അറിഞ്ഞിട്ടും മറ്റുള്ളവരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അധ്യാപനം ചെയ്തു തന്നതി എന്റെ സ്വന്തം കാര്യം വേണമെങ്കിൽ പറയാം ഞാനൊരു ആകെ രണ്ട് വർഷം കൂടുതലും ഞാൻ പഠിച്ചിട്ടില്ല അപ്പൊ എനിക്ക് ഇതിന്റെ രഹസ്യം പിടിയിട്ട് ഇതാണ് ഇത് പഠിക്കാനുള്ള ഏറ്റവും വലിയ വിദ്യ പഠിപ്പിക്കലാണ് ഇന്നും അത് തുറന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാ പഠിക്കുന്നത് എന്നും നമുക്ക് വിട്ടികളെ കിട്ടും മുമ്പില് അതിനൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകട്ട പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ധൈര്യമായിട്ട് ഈ പണി തുടർന്നുകൊണ്ടേയിരിക്കുക ഒരിക്കലും പ്രവചനം തദവിസ്മരണാർത്ഥം എന്തെങ്കിലും ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വിസ്മരിക്കാതിരിക്കുന്നതിന് പിന്നെ ധർമ്മപ്രവൃത്തി അടത്ഥം വെച്ചവൃദ്ധിക്ക് വേണ്ടിയും ധർമ്മവൃദ്ധി എന്ന് പറയുമ്പോൾ അതിന്റെ പ്രചാരം അതിൻ്റെ അനുഷ്ഠാനം തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടി അധ്യാപനം മുഖ്യമാണ് അതുകൊണ്ടുതന്നെ ഒരേ പ്രാധാന്യം കൊടുത്തിരിക്കുന്നു സ്വാധ്യായ പ്രവചനിച്ച ധർമ്മപ്രവൃത്തി അർത്ഥം ചാധ സ്വാധ്യായ പ്രവചനയോരാദരക്കാരിക അതുകൊണ്ട് സ്വാധ്യായ പ്രവചനങ്ങളിൽ ആദര ശ്രദ്ധ എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം അപ്പോ പ്രവചനം മാത്രം പോലെ സ്വാധ്യായം വേണ്ടി എന്ന് യോജിക്കും അതുപോല പ്രവചനം എന്ന് പറയുമ്പോൾ അവിടെ ശരിയായ രീതി ചിന്ത അവിടെ നടക്കും അപ്പോ ആ വേണ്ടിയുള്ള സ്വയം സ്വയം ചിന്ത അതാണ് സ്വാധ്യായം അപ്പോ ആ സ്വയം ചിന്ത രൂപത്തിലുള്ള സ്വാധ്യായത്തിൽ പ്രവചനം മറ്റുള്ളവരെ ഉദ്ബോധിപ്പിക്കുക അവിടെ എന്ത് സംഭവിക്കുന്നു സ്വയം ചിന്ത സംഭവിക്കുന്നു അതിങ്ങനെ രണ്ടും പരസ്പരം സാപേക്ഷമായി എത്രമാത്രം നമ്മൾ പ്രവചനം നടത്തുന്നു അത്രമാത്രം നമ്മുടെ ചിന്ത വികസിക്കും എത്രമാത്രം നമ്മുടെ ചിന്ത വികസിക്കുന്നോ അത് സ്വാധ്യായം അതിനനുസരിച്ച് നമ്മുടെ പ്രവചനവും കൂടുതൽ വ്യക്തമാകും അതുകൊണ്ട് ആദര ശ്രദ്ധ ഈ രണ്ട് കാര്യങ്ങളിലും ഇത് ഏത് വിഷയത്തെ സംബന്ധിച്ചാലും ശരി ഈ രണ്ടു കാര്യങ്ങളിലും ആദ്ര ശ്രദ്ധ വേണം സത്യമതി സത്യവച സത്യമതി സത്യമവനുഷ്ട സത്യവച സത്യമേവോ എസ് സോയം സത്യവച സത്യവച സത്യവചി െന്താണ് ധർമ്മം ഇതെല്ലാം അവസാനിപ്പിച്ച് ഗ്രഹത്തിൽ പോയി ഗൃഹസ്ഥാശ്രമ ധർമ്മം സ്വീകരിച്ചു വേദരക്ഷയ്ക്ക് വേണ്ടി സ്വാധ്യായ അധ്യയനങ്ങളെല്ലാം ചെയ്യുന്നു ധർമ്മത്തെ നിലനിർത്തുന്നു എന്താണ് അവിടുത്തെ മുഖ്യമായ ധർമ്മം അതിന് സത്യവച രാധീതരൻ രാധീതരോ രഥീതര സ്വോത്രോ രാധീതര ആചാര്യൻ രാധീതരൻ എന്ന് പറയുന്ന ആചാര്യന്റെ അഭിപ്രായത്തിൽ ആ സത്യവാക്ക് അത് തന്നെയാണ് മുഖ്യമായ ധനം സത്യത്തെ പാലിക്കുക സത്യം കൊണ്ട് സർവവും പ്രാപ്തമാവും മോക്ഷം വരെ ആചാര്യന്റെ അഭിപ്രായമാണ് സത്യം നിഷ്ഠയുള്ള സത്യമേവോ വചോ യസ് യെസോയോ സത്യം മാത്രം പറയുന്നവനാണ് സത്യം മാത്രം പറഞ്ഞു അതിന്റെ ഫലത്തെ അനുഭവിച്ചവനാണ് അതുകൊണ്ട് ആചാര്യം പറയുന്നു അതാണ് മുഖ്യമായ ധർമ്മം സത്യവാക്ക് നമുക്കൊരിക്കലും കഴിയാത്ത കാര്യമാണ് പക്ഷെ അത് മുഖ്യധർമ്മമായിരിക്കണം എന്ന് പറയും കാരണം അത് പറയുന്നത് വേദാധ്യയനം വേദകർമ്മ അനുഷ്ഠാനം ഇതെല്ലാം സഫലമാകണം ജാഗം ചെയ്ത സ്വർഗത്തിൽ പോകുമെന്ന് പറയും അത് സത്യവാക് വേദമന്ത്രം ചൊല്ലി യാഗം ചെയ്താലേ ഇതിന് കാശു മുളകുന്നു സ്വർഗത്ത് അല്ലെങ്കിൽ കാശ് പോകും സ്വർഗവും പോകും അതുകൊണ്ട് പറയുന്നു സത്യവാക്ക് ആയിരിക്കണം എന്നാലെ കർണം ഫലം വേദമന്ത്രം ഉച്ചരിച്ചാലേ അതിൽ നിന്ന് അപൂർവം അതിഷ്ടം ഉണ്ടാകത്തുള്ളു ആ അതിഷ്ടം ആണ് യജമാനെ അതാണ് യജമാൻ സ്വർഗത്തിലെത്തിക്കുന്നത് വേദം സ്വധർമ്മനിഷ്ഠയില്ലാതെ ചൊല്ലി കർമ്മം ചെയ്തിട്ട് പ്രയോജനമില്ല അതുപോലെ തപി തപയേവ കർത്തവ്യമെതി തപ്പോനിത്യ തപസ്സി നിത്യ തപ പരഹ തപ്പോ നിത്യവ നാമാ പൗരി പൌരി അപത്യം പൗരിസിഷ്ടി പൗരി സിഷ്ടി എന്ന് പറയുന്ന അയാൾ അറിയപ്പെടുന്നതന്നെ തപ്പോ നിത്യനെന്നാണ് എങ്ങനെയാണോ രാധീതരൻ സത്യവചസ് എന്ന് അറിയപ്പെടുന്നു അതുപോലെ പറയുന്നത് പ്രവർത്തിക്കുന്ന ആചാര്യന്മാർ പൗരസൃഷ്ടി എന്താണ് പറയുന്നത് തപസ്സാണ് കർത്തവ്യം ഏതെങ്കിലും ഒന്നും മതി എല്ലാം കൂടിയാകാം തന്നെ കർത്തവ്യമായിട്ട് കഴിഞ്ഞാൽ തപ്പോ നിത്യ അതിൽ നിത്യനാകാശ നിത്യ അതും അല്ലെങ്കിൽ മോക്ഷം വരെയുള്ള ഫലത്തെ ഉണ്ടാക്കും മോക്ഷം മാത്രം ഉണ്ടായാൽ പോരാ ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഫലങ്ങളും ഉണ്ടാവും ഗൃഹസ്ഥ ധർമ്മത്തിന് പുത്രൻ സമ്പത്ത് യശസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഗൃഹസ്ഥന് നിഷിദ്ധമല്ല ഇതെല്ലാം തന്റെ ധർമാനുഷ്ഠാനത്തിലൂടെ പ്രാപ്തമാകും പറയുന്നത് തപസ്സുണ്ടെങ്കിൽ അത് സാധ്യമാകും തപസ് എന്ന് പറയുമ്പോ ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഭാഷകാലം തന്നെ നിർദ്ദേശിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങൾ ഇനി ഇതൊന്നും വേണ്ട സ്വാധ്യായ പ്രവചനം ഇത് മാത്രം മതി മറ്റേ വേണ്ട എന്നുണ്ടരോന്നിൻ്റെയും പ്രാധാന്യത്തിനനുസരിച്ച് പറയും ഓരോന് ഏതെങ്കിലും ഒന്നിലൊരു നിഷ്ഠ വേണമല്ലോ ഞാനിത് എൻ്റെ ജീവിതത്തിൽ പാലിക്കും എന്നുള്ള നിശ്ചയവും ആ നിശ്ചയത്തെ പരിപാലിക്കും അത് ഏതിൽ വേണോ എന്നുള്ളതാണ് പറയുന്നത് സ്വാധ്യായ പ്രവചനങ്ങളിലായാലും മതി അത് നിഷ്ഠയോടെ ചെയ്യുക സ്വാധ്യായ പ്രവചനയുടെ അനുഷ്ഠേ മുദ്ഗലസി അപത്യം മോദ്ഗല്യ അത് മോദ്ഗല്യൻ പറയുന്നു പറയുന്ന ആചാര്യൻ അതങ്ങനെ പറയുന്നു അതായാലും മതി സ്വാധ്യവചനേ ഉത്തമസ്വാധ്യവചനം തന്നെയാണ് തപസ് അത് തന്നെയാണ് തപസ് സ്വാധ്യവചനം തന്നെയാണ് തപസ് ഴിഞ്ഞാൽ സ്വാധ്യായ പ്രവചനം എന്നുവെച്ചാൽ അന്ന് വേദം അധ്യയനം ചെയ്തു ഇന്നിപ്പോ രാവിലെ നമ്മൾ ലളിത സഹസ്രനാമവും വിഷ്ണു സഹസ്രനാമോ ഒക്കെ ചൊല്ലുന്നുണ്ട് അതാണ് ഇന്നത്തെ സ്വാധ്യായ പ്രവചനം അത് തന്നെ ഏറ്റവും വലിയ തപസ് തസ്മ തേവ അനുഷ്ഠി അതനുഷ്ഠിച്ചാൽ മതി അതിനപ്പുറം മറ്റൊരു അനുഷ്ഠാനത്തിന്റെ ആവശ്യമില്ല അത് കൃത്യമായി നിഷ്ഠയോടുകൂടി ശ്രദ്ധയോടുകൂടി ഇതെല്ലാം കൂടിയോ അല്ലെങ്കിൽ ഇതിന് ഏതെങ്കിലും അനുഷ്ഠിച്ചാൽ മതി ഏതെങ്കിലും ഒന്നിനും നിഷ്ഠയുണ്ടായിരിക്കണം ഉക്താനപി സത്യതപസ്വാധ്യായ പ്രവചനാനാം പുനർഗ്രഹണം ആദരാർത്ഥം അതിൻ്റെ അതിനുള്ള വേണ്ടി പറയുകയാണ് പറഞ്ഞതാണെങ്കിലും വീണ്ടും പറയും അത്രമാത്രം പ്രാധാന്യമുള്ളതാണ് അതിലുപേക്ഷ വിചാരിക്കരുത് ഇന്നിപ്പോൾ ആരും വേദം അധ്യയനം ചെയ്യുന്നില്ല വിധിപ്രകാരം അധ്യാപനം ചെയ്യുന്നില്ല കനമൊക്കെ മാറി എന്നാലും ഇന്നും സ്വാധ്യായത്തിനും പ്രവചനത്തിനുമുള്ള വിഷയങ്ങളുണ്ട് അതിൽ വീഴ്ച വരുത്തരുത് അതിനുള്ള ആദരവിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു ഋതം ചോധ്യവച സധ്യവചന തപ്പധ്യവചനധ്യവചന ശമശ സ്വാധ്യവചനേസ്വാധ്യവച അഗ്നിഹോത്രം സ്വാധ്യവതിഥ്യവചനുഷ്സ്വാധ്യവ പ്രധ്യവനശ്ച പ്രാതിഷസ്വാധ്യവചന സത്യമതി സത്യപചാരാധീതരോ നിത്യ പൗരിസുഷ്ടി സ്വാധ്യവചനേതി നപ്പോ മൗഗല്യ पवित्रो അഹം വൃക്ഷശേരിവീർത്തി ഗിരേരിവർധപവിത്രോ വാജിവ सुमेधा ദ്രവിണം इति അമൃതോക്ഷിത ത്രിസംഗോർവേദനവചനം അഹംക്ഷരീരുവേദി മുമ്പ് പറഞ്ഞ സ്വാധ്യായ പ്രവചനങ്ങളിൽ നിന്നും ഒരിക്കലും പിന്തിരിയരുത് നിരന്തരമനുഷ്ഠിക്കണം അസ്വാധ്യായത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ പറയാണ് പക്ഷേ പറയും ഇതെല്ലാം ജപാർത് ആത്മവിദ്യയ്ക്ക് വേണ്ടി ജപിക്കേണ്ട മന്ത്രങ്ങളായത് ഈ മന്ത്രങ്ങളുടെ ജപം തന്നെ ആത്മവിദ്യക്ക് ഹേതുക്കളാണ് ആത്മവിദ്യ ഉത്പത്തിക്ക് ഇത്തരം മന്ത്രങ്ങളുടെ ജപം വേണ്ടതാണ് അതുകൊണ്ടാണ് ശാന്തി മന്ത്രങ്ങളിൽ ഇതും ഉൾപ്പെടുത്തിയിരിക്കുന്നത് സ്വർണ്ണ വേദാധ്യയനത്തിനു മുമ്പും മറ്റും ഇത്തരം മന്ത്രങ്ങൾ ചെല്ലാറുണ്ട് അതൊരു ജപം ജപുപാസന ഉപാസനയുടെ ഭാഗമാണ് ജപരൂപത്തിൽ സ്വാധ്യായർത്ഥോ മന്ത്രാമനായ സ്വാധ്യായത്തിനു വേണ്ടി ജപിക്കുന്നതിന് വേണ്ടി നമ്മൾ നമോ നാരായണ എന്നും മറ്റും പറഞ്ഞ് ജപിക്കുന്നതുപോലെ ജപിക്കേണ്ടതാണ് അർത്ഥം മന്ത്രാമനായ ഈ മന്ത്ര ഉച്ചാരണം അതിനുവേണ്ടിയാണ് സ്വാധ്യായ വിദ്യുത്പത്തി പറയുന്നു സ്വാധ്യായന്തിനു വേണ്ടി വിദ്യ ഉത്പത്തിക്ക് വേണ്ടി നമ്മൾ ശ്രവണം മനനം എല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നു വിദ്യ ഉത്പത്തിക്ക് വേണ്ടി അതുപോലെ ചെയ്യേണ്ട ഒന്നാണ് സ്വാധ്യായം ഇത്തരം വേദഭാഗങ്ങൾ ആവർത്തിക്കുക ജപമായി ആവർത്തിക്കുക അത് വിദ്യ ഉത്പത്തിക്ക് നേരത്തെ പറഞ്ഞു കർമ്മം പോലും വിദ്യ ഉത്പത്തിക്ക് വേണ്ടിയാണ് ഇവിടെ ഒന്നിനും നിഷേധിക്കുന്ന എല്ലാം വിദ്യയുടെ ഉത്പത്തിക്ക് ഉതകത്തക്ക രീതിയിൽ ഉപയോഗിച്ചാൽ അതെല്ലാം പ്രയോജനപ്പെടുത്തും അതെല്ലാം ഫലത്തെ കൊടുക്കും അതുകൊണ്ട് സ്വാധ്യായവും വിദ്യ വേണ്ടതാണ് അത് വേണം അതുകൂടാതെ വിദ്യ ഉണ്ടാകത്തില്ല പ്രചരണ ഇവിടെ അതിനെക്കുറിച്ചുള്ള സന്ദർഭമാണോ വിദ്യാർത്ഥം ഹി ഇതം പ്രകടനം ഇത് വിദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പ്രകടനം എന്നുവെച്ചാൽ അന്യാർത്ഥത്വമാകും ഇത് ഇതിന് കർമ്മങ്ങളുമായി ഒരു ഹോമം ചെയ്യുമ്പോൾ അതിനുവേണ്ടിയിട്ടല്ല ഇത് ആത്മവിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതിന് മറ്റൊരു പ്രയോജനവും ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുവെച്ചാൽ വേദം പറയുന്നില്ല ആത്മവിദ്യ അല്ല ജ്യോതിഷ്ഠോമം ചെയ്യുമ്പോൾ അവിടെ ഇത് ചെയ്യാനല്ല പറയുന്നു ആത്മവിദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ആത്മവിദ്യയ്ക്ക് വേണ്ടി ആത്മവിദ്യത്തെ ആഗ്രഹിക്കുന്നവൻ ഇതിന് ജപിക്കണം സ്വാധ്യായനു വിശുദ്ധ സത്വ വിദ്യോ ഉത്പത്തിരവൽപതെ പറയുന്നു എങ്ങനെയാണോ കർമ്മം കൊണ്ട് വിശുദ്ധ സത്വനാകുന്നത് ചിത്തശുദ്ധി ഉള്ളവനാകുന്ന അതുപോലെ സ്വാധ്യായം കൊണ്ടും വിദ്യ ഉത്പത്തി ഉണ്ടാവുന്നു അന്ധക്കണ്ണശുദ്ധിയുണ്ടാവുന്നു ഇതെല്ലാം സഹായിക്കുന്നു ശ്രവണം മനനം നിധ്യാസനം ഇതെല്ലാം അന്ധക്കണ്ണശക്ക് സഹായിക്കുന്നു കർമ്മത്തെ പോലാൽ അതുപോലെ ജപവും ഇത്തരം മന്ത്രങ്ങളുടെ ജപം കുറഞ്ഞു പക്ഷെ അതെങ്ങനെയും ചെയ്യില്ല അത് വിദ്യ ഉത്പത്തി ഇത് പൊതുവേ പറയുകയാണ് നേരത്തെ ഗൃഹസ്ഥ ധർമ്മ സ്വീകരിക്കുന്നതിനു വേണ്ടി അവിടെ എന്തനുഷ്ഠിക്കണം എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പറഞ്ഞു പൊതുവായി പറയുന്നു ഗൃഹസ്ഥനോ സന്യാസിയോ ആരോപണം അവന് മനഃശുദ്ധി ആവശ്യമാണ് അതിന് ഈ ജപ സഹായിക്കുന്നു ഈ വൈദിക മന്ത്രജപം സ്വാധ്യായന വിശുദ്ധ സ്ഥിതി വിദ്യോത്പത്തിൽ അതുകൊണ്ട് ഇതിനെ ഒന്നും ഒരിക്കലും അവഗണിക്കാൻ പാടില്ല ശ്രോണാദികൾ അനുഷ്ഠിച്ചാലും ഉള്ളിൽ ബോധം ഉണ്ടാകുന്നില്ല പോരായ്മ ഏതൊക്കെയാണ് സ്വാധ്യായവും മറ്റില്ല അഹംവക്ഷേദാത്മകസ്യ സംസാരവൃക്ഷസേരി വരേരി വ അഹം ഞാൻ വൃക്ഷത്തിന്റെ ഈ സംസാരവൃക്ഷത്തിന്റെ ഊർദ്ധമൂല അധശാഖ നമ്മൾ പഠിച്ചത് സംസാരവൃക്ഷം അതിന്റെ രേരിക ആണ് അതിന്റെ പ്രേരകൻ അങ്ങനെ അന്തരിയാ അന്തര്യാമി ആത്മന അന്തര്യാമി രൂപത്തിൽ ബ്രാഹ്മിൻ സർവഭൂതാനി അത് ഇവിടെ പറയുന്നു സർവത്തെയും പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഞാനാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഞാനാണ് സർവകർമ്മങ്ങൾക്കും സർവചനങ്ങൾക്കും പ്രേരയിതാവായിരിക്കുന്നത് ഞാനാണ് തന്റെ ആ സർവാത്മഭാവത്തെ സ്മരിക്കുകയാണ് അഹം വൃക്ഷ എന്ന് പറയും സംസാരവൃക്ഷത്തിന്റെ നാശത്തിനു വേണ്ടി സംസാരവൃക്ഷത്തെ നിലനിർത്തിയിരിക്കുന്നത് ഞാൻ തന്നെ ആ സംസാരവൃക്ഷം നശിക്കണം ഇതിനെ നിലനിർത്തുന്ന ഞാനാണെങ്കിലും ഇതിനെ നശിപ്പിക്കാനും എനിക്ക് കഴിയും അതുകൊണ്ടതിന് പറയും കീർത്തി ഖ്യാതിഹി കിരേഹി പൃഷ്ഠമിയോ ഉച്ഛൃതാമോ എന്റെ കീർത്തി ഗിരിപൃഷ്ഠം പോലെ വലിയ പർവ്വതം പോലെ അത് വളരെ വിപുലമായിരിക്കുന്നു ഉച്ഛൃതമായിരിക്കുന്നു അതാ അങ്ങനെ പറയുന്നത് ഈ തത്വത്തെ ഗ്രഹിച്ച് ആ തത്വത്തെ ഗ്രഹിച്ചവരെല്ലാം തന്നെ ആ തത്വജ്ഞാനത്തിലൂടെ അവർ പ്രസിദ്ധരായിരിക്കുന്നു ലോകത്തിൽ അവരുടെ പ്രസിദ്ധി നിലനിൽക്കുന്നു അത് കീർത്തിക്ക് വേണ്ടി അവർ പ്രസിദ്ധി ഉണ്ടാക്കിയല്ല മനപ്പൂർവ്വം പ്രസിദ്ധമാവട്ടെ എന്ന് പറഞ്ഞ് പരസ്യം ചെയ്ത് പ്രസിദ്ധി ഉണ്ടാക്കിയല്ല ആത്മവിദ്യയിലൂടെ അവർ പ്രശസ്തരായി അവരുടെ മുക്തിയിലൂടെ അവർ പ്രശസ്തരായി അവരുടെ ഈശ്വരീയമായ ഭാവങ്ങളിലൂടെ അവർ പ്രസിദ്ധരാകുന്നു അതാണ് ഇവിടെ പറയുന്നത് ആ തരത്തിൽ ആ ഖ്യാതി നിലനിൽക്കട്ടെ എന്തിനാ തരത്തിലൊരു ഖ്യാതി അങ്ങനെ ഒരു ഖ്യാതി നിലനിന്നാലേ ഈ വിദ്യ പ്രചരിക്കത്തുള്ളൂ വിദ്യയുടെ പ്രചാരം ആവശ്യമാണ് അതറിയണ്ടേ സുഗന്ധം എങ്ങനെയാണോ മറ്റു പ്രാണികളെ ആകർഷിക്കുന്ന വിദ്യ പ്രസിദ്ധമായാലേ ജിജ്ഞാസുക്കൾ അതിൽ ആകർഷിക്കത്തുള്ളു അതുകൊണ്ട് വിദ്യയിലൂടെ വിദ്വാൻ പ്രസിദ്ധനാകണം വിദ്യയിലൂടെ ആയിരിക്കണം വിദ്യ വിദ്വാന മഹത്വപ്പെടുത്തണം ആ മഹാത്മ്യത്തെ ജിജ്ഞാസുകൾ തിരിച്ചറി അതിനുവേണ്ടി ആ വിദ്യാരൂപത്തിലുള്ള കീർത്തി അതിങ്ങനെ നിലനിൽക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഊർധ്വ പവിത്ര ഊർധ്വം കാരണം പവിത്രം പാവനം ജ്ഞാനപ്രകാശ്യം പരം ബ്രഹ്മയസ് സർവാത്മനോ മമ സ്വഹം ഊർധ്വപവിത്ര ഊർധ്വപവിത്രനാണ് എൻ്റെ കീർത്തി പർവ്വതത്തെപ്പോലെ വലുതാണ് ദൃഢമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ വിദ്യയ്ക്ക് വേണ്ടി ജപിക്കുകയാണ് ഇതുപോലെ ഒരു ആശംസ കൂടിയാണ് ഇതിങ്ങനായിത്തീരണം വിദ്യയിലൂടെ ഇതിങ്ങനെ ആയിത്തീരുന്നു എന്നാശംസിക്കുകയാണ് ഊർധ്വ പവിത്ര ഊർധ്വം എന്ന് വച്ചാൽ കാരണം ഊർധ്വ മൂല അത് പവിത്രം പാവനം എന്താണ് ഊർധ്വം പവിത്രമായിരിക്കുന്ന പാവ പാവനമായിരിക്കുന്നു പരമാത്മാവ് തന്നെ പരമം ബ്രഹ്മ ജ്ഞാനപ്രകാശ്യം ജ്ഞാനത്തിലൂടെ പ്രകാശിപ്പിക്കപ്പെടുന്നത് ഉപനിഷത്ത് വാക്യങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നത് യെസ് സർവാത്മനോ മമ സർവാത്മാവായിരിക്കുന്ന എന്നെ സംബന്ധിച്ച് എന്താണ് ആ ഞാൻ ആത്മപ്രകാശം കൊണ്ട് ഊർധ്വപവിത്രനായിരിക്കുന്നു ജ്ഞാനത്തിലൂടെ പരമാത്മാവിനിൽ വെളിപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ഊർധ്വപവിത്രനായിരിക്കുന്നു പരമാത്മാവിനാൽ പവിത്രനായിരിക്കുന്നു എന്റെ സ്വരൂപം തന്നെ പരമപവിത്ര രൂപമാണ് ആത്മബോധം കൊണ്ടുവരുന്ന പവിത്രതയെ കുറിച്ച് പറയുകയാണ് അങ്ങനരി ആത്മതൃം പ്രസിദ്ധം സദേഭ്യം സ്വമൃതം ശോഭനം വിശുദ്ധം ആത്മതൃം അസ്മ ഭ വാച അന്നം വാജപതി അതാണ് വാജിനി എന്ന് പറഞ്ഞത് തദ്വതി അന്നവാൻ ആരാണ് അന്നവാൻ സവിതാവ് അന്നത്തിന്റെ ഉത്പത്തി അന്നത്തിന്റെ സൃഷ്ടി നിലനിൽപ്പ് എല്ലാത്തിനും കാരണമായിരിക്കുന്ന സവിതാവാണ് സവിതാവിൻ്റെ തേജസ് കൊണ്ടാണ് ഭൂമിയിൽ അന്നം ഉണ്ടാകുന്നത് നിലനിൽക്കുന്നത് അപ്പം അന്നവാനെന്നാരും പറയാം സവിതാവിന് സർവ്വജീവന്റെയും നിലനിൽപ്പിന് ആധാരമായിരിക്കുന്ന അന്നത്തിൻ്റെ നിലനിൽപ്പിന് ആ സവിതാവ് അതിനെപ്പോലെ അമൃതം ആത്മതത്വം അതിനെപ്പോലെ അമൃതമാണ് ഈ ആത്മതത്വം താൻ ഇല്ലാത്തപ്പോഴും അതവിടെ ഉണ്ടായിരുന്നു സവിതാവ് താൻ നശിച്ചാലും അതവിടെയുണ്ട് അപേക്ഷികമായ ഒരു അമൃതത്വം ആ സവിതാവിലുണ്ട് അതുപോലെ താനും ആ സവിതാവിനെ പോലെ അമൃതമായി ആത്മതത്വമാണോ അത് വിശുദ്ധമാണോ സവിതാവ് വിശുദ്ധനായിരിക്കുന്നു അങ്ങനെ സർവത്തെ ദഹിപ്പിക്കുന്നു സർവത്തെ ശുദ്ധമാക്കുന്നു അതുപോലെ ആ സവിതാവ് പരമശുദ്ധമായിരിക്കുന്നത് പോലെ ജ്ഞാനരൂപിയായ താൻ ശുദ്ധനാണ് വിശുദ്ധം സവിതാവ് എങ്ങനെയാണ് ലോകപ്രസിദ്ധമായിരിക്കുന്നത് എല്ലാവരും സവിതാവിനെ അറിയുന്നു അതുപോലെ യാത്മതത്വവും പ്രസിദ്ധമായിരിക്കുന്നു എങ്ങനെ ശ്രുതി സ്മൃതി സതേഭ്യ ശ്രുതികളും സ്മൃതികളും എല്ലാം അതിനെ വെളിപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഊർധ്വപവിത്രനായ വാജിനീവ സ്വമൃതം ദേവം സ്വമൃതം ശോഭനം വിശുദ്ധം ആത്മതത്വം അസ്മി ഭവാമി ഞാൻ ആത്മതത്വമാകുന്നു സവിതാവിനെ പോലെ ശുദ്ധവും പ്രസിദ്ധവുമായ ആത്മതത്വമാകുന്നു ഞാൻ പവിത്രവുമായ ആത്മതത്വമാകുന്നു അങ്ങനെ ആകട്ടെ ഞാനതാണ് പക്ഷെ അത് സ്വാനുഭവത്തിൽ വരട്ടെ വാജിനീവ ീപ്തിമത് തത്മതത്വം അസ്മിത്തിനോടുത്തത്വിണം സവർച്ച എന്റെ സമ്പത്ത് എന്റെ സ്വരൂപം തന്നെ വേരസമ്പത്തൊന്നും വേരസമ്പത്തൊന്നും എനിക്ക് ആവശ്യമില്ല സവർച്ച ദീപ്തിമത് വർച്ചുകൂടിയത് സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ സ്വരൂപമാണ് ആത്മതത്വം പറയുന്നു അസ്മി ഞാനതാണ് എന്റെ സമ്പത്ത് ഞാൻ തന്നെ എന്ന് പറയുമ്പോൾ അത് ശരീരാഭിമാനത്തോടുകൂടി പറയുന്നത് തൻ്റെ കഴിവുകളെ കുറിച്ചോ തൻ്റെ മഹത്വത്തെക്കുറിച്ചോ ഒന്നും പറയുന്ന സദാ ഉള്ളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മതത്വം അത് തന്നെയാണ് ധനം എനിക്ക് അതെന്റെ സ്വരൂപമായി എന്റെ ധനമായിരിക്കുന്നു ഞാൻ അത് തന്നെയാണ് സമ്പത്തായിട്ടും സ്വസ്വരൂപത്തെ സ്മരിക്കുന്നു ബ്രഹ്മജ്ഞാനം വ ആത്മതത്വ പ്രകാശകത്വ സവർച്ച ഇനി സ്വസ്വരൂപത്തെ എടുക്കാൻ അല്ലെങ്കിൽ സ്വരൂപജ്ഞാനത്തെ എടുക്കാം തന്റെ തത്വത്തെ അത് വെളിപ്പെടുത്തുന്നു ആത്മതത്വത്തെ അതും പ്രകാശമുള്ളതാണ് സവർച്ചസ്സാണ് എല്ലാത്തിനും താല്പര്യം ഒന്നു തന്നെ ദ്രവിണമിവ ദ്രവിണം മോക്ഷസുഖേതുത്വ ദ്രവിണം എന്തിനുള്ളതാണ് സുഖഹേതുവാണ് അല്ലെങ്കിൽ സുഖത്തിന് ഹേതുവായി തീരും എന്ന് ഭ്രമിച്ചിട്ടാണ് മനുഷ്യൻ സമ്പത്തിനെ ആശ്രയിക്കുന്നത് അപ്പൊ സമ്പത്തിന് പൊതുവെ പറയാൻ എന്താണത് മോക്ഷ സുഖഹേതുവാണ് അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഈ ദ്രവിണം ദ്രവിണം ഇവ സമ്പത്ത് പോലെ ഇവിടെ സമ്പത്താണ് സമ്പത്തല്ല ഈ ജ്ഞാനം സമ്പത്ത് പോലെയാണ് എന്തുകൊണ്ട് മോക്ഷസുഖഹേതുത്വ ലൗകികസുഖത്തിന് ഹേതുവല്ല മോക്ഷസുഖത്തിന് ഹേതുവാണ് അതുകൊണ്ട് ആത്മതത്വജ്ഞാനം അതിനെയും പറയാം അസ്മൻ പക്ഷേ അധ്യാഹാരം അത് ഞാൻ പ്രാപിച്ചിരിക്കുന്നു ഞാനത് പ്രാപിക്കും രണ്ടുതരത്തിലും സുമേധ ആമൃതോക്ഷിര സുമേധ ശോഭന മേധ സർവജ്ഞ സംരക്ഷണുമേധ ഞാൻ സുമേധാവായിരിക്കുന്നു ശോഭന മേധ ശോഭനമായ മേധയോടുകൂടിയിരിക്കുന്നു എന്താണെന്ന് സർവജ്ഞത്വ ലക്ഷണം സർവജ്ഞത്വ രൂപത്തിൽ മണ്ഡൂക്യത്തിൽ പറഞ്ഞുകൂടെ എന്താണ് സർവജ്ഞത്വം അതുകൂടെ ഓർത്താവ് മമസോഹം സംസാര സ്ഥിതി ഉത്പത്തി സംഹാര കൗശല യോഗ സുമേധാത്വം ന്തര്യാമി ആയിരിക്കുന്ന ഞാനാണ് ഈ സംസാരവൃക്ഷത്തെ നിലനിർത്തുന്നതെന്ന് പറഞ്ഞു അതേ ഞാൻ തന്നെയാണ് ഈ സംസാരത്തിന്റെ സ്ഥിതി ഉത്പത്തി സംഹാരം തുടങ്ങിയ സാമർഥ്യങ്ങളെല്ലാം ഉള്ളവൻ ഈ സംസാരത്തെ ഞാൻ നിലനിർത്തുന്നെന്ന് പറയുമ്പോൾ ഈ സംസാരം സൃഷ്ടി സ്ഥിതി നാശങ്ങളോടു കൂടിയതാണ് അതെല്ലാം എന്നിൽ സംഭവിക്കുന്നു അതുകൊണ്ട് ഞാൻ സുമേധാവാണ് സൃഷ്ടിസ്ഥിതി രഹസ്യങ്ങളെല്ലാം അറിയുന്നവനാണ് എന്ന് പറഞ്ഞു അതയവ അമൃതോ അമരണധർമ്മേധ അമൃതോ അക്ഷിതഹ അങ്ങനെ പദം പിരിക്കുന്നു അമൃതോ അക്ഷിതഹ അമൃതോ അമർണധർമ്മ അക്ഷിത അക്ഷീണ അഭ്യയ അക്ഷത അമൃതേന വ്യക്ത അങ്ങനെയും പറയാം അമൃത ഉക്ഷിത അങ്ങനെയും പറയാം അമൃതോ അക്ഷിത അങ്ങനെയും പിരിക്കാം രണ്ടായാലും ദോഷമില്ല അക്ഷിത എന്ന് പറഞ്ഞാൽ അക്ഷീണ അഭ്യയ അഭ്യയനാണ് അമൃതസ്വരൂപനാണ് അക്ഷതനാണ് ന്യൂനതകളൊന്നുമില്ലാത്തവനാണ് അല്ലെങ്കിൽ അമൃതേന ഉക്ഷത എന്ന് പറഞ്ഞാലോ അമൃതത്താൽ സിക്തമായവൻ അമൃതോക്ഷിദോഹം ഇത്യാദി ബ്രാഹ്മണൻ അമൃതത്വത്താൽ സിഞ്ചനം ചെയ്യപ്പെട്ടവൻ എന്ന് വെച്ചാൽ ആ അമൃതത്വത്തോട് താതാൻമ്യപ്പെട്ടവൻ മോക്ഷത്തെ നേടിയവനല്ല സ്വയം മോക്ഷസ്വരൂപൻ തന്നെ ആയവൻ അങ്ങനെയർം പറയാം ഇത്യാദി ബ്രാഹ്മണോ ആത്മേകം തീർച്ചാൽ ത്രിസംഗോർ വേദനം ത്രസംഗോ എന്ന് പറയുന്ന ഋഷി വൃശംഗോ ഋഷേഭൂതം ബ്രഹ്മഭൂതായ പരമാത്മ സ്വരൂപം തന്നെയായവൻ ബ്രഹ്മവിധ പരമാത്മജ്ഞാനത്തെ പ്രാപിച്ചവൻ അവന്റെ വേദാനുവചനമാണ് ഇവിടെ വേദാനുവചനം എന്ന് പറഞ്ഞാൽ അഗ്നിമീള എന്ന് ചൊല്ലുന്നതല്ല വേദനം ആത്മീകത്വ വിജ്ഞാനം വേദനം എന്ന് പറയുന്ന ആത്മീകത്വ ബോധമാണ് തസ്യപ്രാപ്തി അനുവചനം അത് പ്രാപിച്ച് അതിൻ്റെ ഉപദേശം അതാണ് വേദാനുവചനം ാണ് വേദാനു വന്ന് പറയുമ്പോ ത്രിസങ്കു എന്ന് പറയുന്ന ആയിഷി ഈ തത്വത്തെ സാക്ഷാത്കരിച്ച് ഉപദേശിച്ചിരിക്കുന്നു ആത്മന കൃതകൃത്യതാപനാർത്ഥം വാമദേവ ത്രിസുന ആർഷേന ദർശനായ ആത്മവിദ്യ പ്രകാശ ഇത്യർത്ഥ ത്രിശങ്കൂർ ത്രിസങ്കു എന്ന് പറയുന്നത് ഋഷിയുടെ വചനമാണ് ബ്രഹ്മഭൂത ആത്മനഹ കൃതകൃത്യതാഖ്യാപനാർത്ഥം സ്വയം കൃതകൃത്യനാണ് തന്റെ കൃതകൃത്യതയെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി വാമദേവ ത്രിസങ്കുനാർഷേന ദർശനേന വാമദേവനെപ്പോലെ വാമദേവനെക്കുറിച്ച് പറയുന്നു വാമദേവൻ ഗർഭത്തിലിരുന്നുകൊണ്ട് തന്നെ ഞാനിയായി സർവാത്മഭാവത്തെ പ്രാപിച്ചതെന്നും പറയുന്നു അതുപോലെ മറ്റൊരു ഋഷി തന്റെ ആത്മ അനുഭവത്തെ തുടർന്ന് വെളിപ്പെടുത്തുന്നു എന്നാണ് അനുവചനമാണ് ആത്മവിദ്യ പ്രകാശക ആർഷേണ ദർശന സത്യദർശനം ആത്മബോധം ദുഷ്ടമന്ത്ര അതിലൂടെ വെളിപ്പെട്ടതാണ് ഈ മന്ത്രം മന്ത്രങ്ങളെല്ലാം ഋഷിമാർക്ക് വെളിപ്പെട്ടതാണ് അവരുടെ ഏകാഗ്രമായ ധ്യാനത്തിൽ അവരുടെ ഉള്ളിൽ ഈശ്വരൻ വെളിപ്പെടുത്തിയതാണ് അതുകൊണ്ടാണ് അനാദി എന്ന് പറയുന്നത് മന്ത്രാമനായ ആത്മവിദ്യാ പ്രകാശം അസു ജ ജപോ വിദ്യ ഉത്പത്തിയർത്ഥം ഇതിന്റെ ജപം ഇത് ജപിക്കണം നിരന്തരം വിടാതെ ചൊല്ലണം നിഷ്ഠയോടുകൂടി ഇത് അനുവർത്തിക്കണം എന്തിനു വിദ്യ ഉത്പത്യർത്ഥം വിദ്യയുടെ ഉത്പത്തിക്ക് വേണ്ടി വിദ്യ അങ്ങനെ തനിയൊന്നും ഉണ്ടാകത്തില്ല അതിനുവേണ്ട പണികളെല്ലാം ചെയ്താലേ ഉണ്ടാകത്തുള്ളു അതിലൊന്നും ഇത്തരം മന്ത്രങ്ങളുടെ ജപമാണ് വ്രതം ജയിത്യാദി കർമ്മ ഉപന്യാസാദ് അനന്തരഞ്ച വേദാനുവചന പാഠാത് ഏതത് അപഗമ്യതേ ശ്രവത സ്മാർത്തു നിത്യേഷു കർമ്മുക്ത നിഷ്കാമ പരം ബ്രഹ്മ വിവിധശോ ആർഷാണു ദർശനഭവന്തി ആത്മാതി വിഷയാണ് അസ്യ തെജോ വിദ്യ ഉത്പത്തി അർത്ഥവഗമ്യത ഈ ജപ്പം വിദ്യ ഉത്പത്തിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് കൂടുതലായി മനസ്സിലാക്കേണ്ട എന്താണ് വ്രതം ജൈത്യാദി കർമ്മ ഉപന്യാസ അനന്തരം അതിനു മുൻപ് കർമ്മത്തെക്കുറിച്ച് പറഞ്ഞു സത്യമായ കർമ്മത്തെക്കുറിച്ചുള്ള ജ്ഞാനം കർമ്മത്തെക്കുറിച്ചുള്ള സത്യജ്ഞാനം പിന്നെ അതിൽ നിന്ന് പ്രാപ്തമാകുന്ന സത്യമായ കർമ്മങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു എല്ലാതുകഴിഞ്ഞു വാസിനെ കുറിച്ച് പറഞ്ഞു കർമ്മ ഉപന്യാസാദ് അനന്തരം വേദാനുവചനം ഇവിടെ വേദാനുവചനം എന്ന് പഠിച്ചിരിക്കുന്നു വേദാനുവചന പാഠ വേദപംഭ്യത ഇവിടെ എന്ത് മനസ്സിലാക്കണം സ്രൗതസ്മാർത്തേഷ നിത്യേഷു കർമ്മ സ്വീക്ത നിഷ്കാംബസ്യ ശ്രൗതവും സ്മാർത്തവുമായ നിത്യകർമ്മങ്ങളിൽ മുഴുകുന്നവൻ നിഷ്കാമസ്യ നിഷ്കാമമായി പലരും പറയും ഉപനിഷത്തുകളിൽ ഒന്നും നിഷ്കാമകർമ്മം ഇല്ല ശരിയാണ് ഗീതയിൽ പറയുന്നത് പോലെ അത്രയും വിശദീകരിച്ചിട്ടില്ല പക്ഷെ ഇവിടെ നിന്നാണ് അങ്ങോട്ട് പോയത് ഗീതയിലേക്കത് അതിവിടെ പറയുന്നു യുക്തസ്യ നിഷ്കാമസ്യ നിത്യകർമ്മങ്ങളിൽ യുക്തനായ നിഷ്കാമൻ വിവിധഷോഹോ അവൻ സാധാരണക്കാരനല്ല വിവിധഷു ആണ് ശ്രവണ മനനാധി സാധനങ്ങൾ ചെയ്യുന്നവനാണ് വിവിധ അറിയാൻ ആഗ്രഹിക്കുന്നവൻ ആഗ്രഹിക്കുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവൻ അവന് ആർഷാണി ദർശനം ഈ സത്യദർശനം ഈ പരമാർത്ഥ ദർശനം അതാണ് ആർഷദർശനം അത് പ്രാദുർഭവന്തി അവനിൽ പ്രകടമാകുന്നു അവൻ ആർഷ ദർശനത്തെ നേടുന്നു എന്നോ ഉണ്ടാക്കിയെടുക്കുന്നു പറയുന്നു അവനിൽ അത് പ്രകടമാകുന്നു ആത്മാധി വിഷയമാണ് അവന് മനസ്സിലാവുന്നത് എന്താണ് ആത്മാവ് എന്താണ് അനാത്മാവ് എന്താണ് ബന്ധം എന്താണ് മോക്ഷം എന്താണ് മുക്തി ഇതാണ് ആത്മാധി വിഷയമാണ് ആത്മാധി വിഷയങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം അവൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നു ആർക്ക് വിവിദിഷോഹു നിഷ്കാമസ്യ കർമ്മസയുക്ത ഇപ്പം കർമ്മം കർമ്മം കൊണ്ടുള്ള ചിത്തശുദ്ധി വിവിദിഷ അവന്റെ ഉടൽ ഇത് പ്രകാശിക്കുന്നു പ്രാദുർഭവന്തി ആത്മവിശയാണി ഇവിടെ എല്ലാ മന്ത്രങ്ങൾക്ക് ശേഷം നമ്മുടെ പുസ്തകത്തിൽ മന്ത്രങ്ങൾ കൊടുത്തിരിക്കുന്നു അഹം ഷട്ട് എന്നും മറ്റും ഇവിടെ ഇപ്പോൾ അത് കൊടുത്തിരിക്കും എല്ലാ ഭാഗത്തും ഭാഷകാരനത് വ്യാഖ്യാനിച്ചിട്ടുണ്ട് കാരണം ഇത് പ്രക്ഷിപ്തമാണ് വേദശാഖകളിൽ ചിലതിന് ഇതുണ്ട് ചിലതിന ഭാഷകാലം പരിചിച്ച ശാഖകളിൽ അത്തരം മന്ത്രങ്ങളില്ലാതെ കൊണ്ടാണ് അത് വ്യാഖ്യാനിക്കാതിരിക്കുന്നത് മറ്റു ചേർത്ത് അതുകൊണ്ട് വേദത്തിലും തിരുമറിയൊക്കെ നടന്നിട്ടുണ്ട് ഒരുപാട് അതുകൊണ്ടാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് അഹം കീർത്തിവ ഊർധ്വപവിത്രോ വാജിവസ്വമൃതമസ് ദ്രവിണം സവർച്ച അമൃതോക്ഷിത ത്രിസംഗോദനം വേദം അനൂച്യ ആചാര്യോ അന്വേവാസം അനുശാസ് സത്യം വദം ചര സ്വാധ്യയാ പ്രമദ്യയ പ്രിധനമാഹൃത്യ പ്രജാതം മാ വ്യവചെ സമദിതയ ർമാവശല ഭൂത്യൈ നമദിതൃ സ്വാധ്യയചനം നമദിതം ദൃകകാര്യഭ്യം പ്രമദിതം മാതൃദേവോ പൃർദോ ആചാര്യവോഭിോഭാ അനവദ്യാ കർമാണി താൻ സേവിതാ നോ ഇതരാസ്മാകും സുചരിതയോ നോ ഇതരാസോ ബ്രാഹ്മണ തെ യാസന പ്രശ്വസിതേയം ഹ്രിയം कर्म ിയാ സംവിധാേയെ കർമ്മവിചിത്സവൃത്തിത്സവാ സാ താഹണിന് യുക്തുക്തൂക്ഷധർമ്മക്കു യഥേ തന്നരൻ തന്നെധ അധ അഭ്യാത സമ്മർശന അലൂക്ഷാധർമ്മക്ക്യു യഥു വർ തേത ആശ ഉപദേശ വേദോപനിഷത് എതനുശാസനം എന്നുപാസിതയമ ചേപാസ്യം